അന്ധനും മുടന്തനും രോഗിക്കും യാതൊരു പ്രയാസവുമില്ല എന്നാൽ അള്ളാഹുവിനേയും അവൻറെ ദൂതനെയും അനുസരിക്കുന്നവനെ താഴെയായി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ അവൻ പ്രവേശിപ്പിക്കും എന്നാൽ ആരെങ്കിലും തിരിഞ്ഞുകളഞ്ഞാൽ അവൻ അവനെ വേദനയേറിയ ശിക്ഷയാൽ ശിക്ഷിക്കും